അവർ അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ വ്യാജരക്തം പുരട്ടിക്കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു അല്ല നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരു കാര്യത്തിന് പ്രേരിപ്പിച്ചതാണ് അതിനാൽ മനോഹരമായ ക്ഷമയാണ് ഉചിതം നിങ്ങൾ വിവരിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുസുബ്ഹാനഹുബത് അലാവിനോടാണ് സഹായം തേടേണ്ടത്